ക്ഷിഗം ഭത് ഭ്യം താര ഷുക്തേകീഭൂത പ്രജ്ഞാനധന എവാദമയോനന്ദഭുക്േദോമുഖപ്രജ്ഞതൃതീയപാദ ന്ദപ്രജ്ഞം അദൃശ്യം അഗ്രാഹ്യം അലക്ഷണം അചിന്യപദേശ്യം ഏകാത്മ പ്രത്യസാരം പ്രപഞ്ചോപം ശാന്തം ശിവം അദ്വൈതം ചതുർത്ഥം മനന്തി സാത്മാവിജ്ഞേയ ൈശവാ മാത്രീമ ആപണോതിർ കാൻ ആ സ്വപ്നസ്ഥാനോ ദ്ധീയമാത്രൈ ജനസന്ധതിമാനശ്ചോതി നമവിഭവതി ോമകാരൃതീയമാത്രമിതിരപീത വിനോദിഹവാ ഇതം അപേതിശംദ മാത്രോ വ്യവഹാര്യ പ്രപഞ്ചോ അന്ധയ ഓം ആത്മേവ സമ്മിശത്തി ആത്മന ആത്മാനം എന്ന നിവ്രിയ സമയ ഭഗവാൻ സൗ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തതാണ് പരമാർത്ഥ തത്വം ലൗകികേന ഈ പരമാർത്ഥ തൊണ്ട് ലൗകികർക്ക് ഗ്രഹിക്കാൻ പറ്റുന്നില്ല ലൗകികരെന്നു പറഞ്ഞാൽ അവിടെ പറഞ്ഞു മോശക്കാരെന്നുള്ള അർത്ഥത്തിലല്ല യോഗ്യന്മാരെ യോഗ്യന്മാരായിട്ട് കൂടി ഇത് ഗ്രഹിക്കാൻ പറ്റുന്നില്ല അതിന് സമാധാനം അവിടുത്തെ പറഞ്ഞു എന്താണോ ധർമ്മ ഗ്രഹേണ ഭഗവാൻ സൗ ഭാഷം പറഞ്ഞു മിഥ്യ അഭിനിവതയ മിഥ്യ അഭിനിവേശം കൊണ്ട് അതുകൊണ്ട് ഇത് ഗ്രഹിക്കാൻ കഴിയുന്നില്ല അതുകൊണ്ട് ഈ സ്വസുരവുമായിരിക്കുന്ന സുഖം അത് മറഞ്ഞു പോകുന്നു അതിന് കാരണം പറഞ്ഞു എന്താണ് ശ്രവിച്ചിട്ടും ആവർത്തിച്ച് ആവർത്തിച്ച് ഗ്രഹിക്കാൻ പറ്റുന്നില്ല അതിന്റെ കാരണവും കഴിഞ്ഞ ദിവസം ചെയ്താണ് ശ്രുതിയും ആചാര്യനും ശ്രുതി ആചാര്യൻ ഇവിടെ വിശദീകരിച്ചിരിക്കുകയാണ് പക്ഷെ എന്നാലിത് വിസ്പ്രാന്തിരഹിതമായി സംശയരഹിതമായും അത് വെളിപ്പെടുന്നില്ല അതിന് കാരണം പറഞ്ഞെന്താണത് സാധന സമ്പത്തി ഇല്ലാത്തതുകൊണ്ടാണ് അതുകൊണ്ടാണ് അത് വെളിപ്പെടാത്തതെന്നും പറഞ്ഞു അതാണ് കഴിഞ്ഞ ദിവസം നമ്മൾ ചർച്ച ചെയ്യുന്നത് ദ്വയ ഉപലബ്ധി നിമിത്തം ഹിതത്തിൽ ആവരണം യത്നാന്തരം അപേക്ഷതയോപലബ്ധി നിമിത്തം ഹി തത്ര ആഭരണം ആത്മാവ് ശാന്തമാണ് സുഖസ്വരൂപമാണ് അതതിന്റെ അത് തന്നെയാണ് ശ്രോതാവ് എന്നാലും ഇവിടെ ആവരണം സംഭവിച്ചിരിക്കുന്നു സ്വയം പ്രവാസിക്കുന്നു എന്നിരിക്കലും ആവരണം സംഭവിച്ചിരിക്കുന്നു മറഞ്ഞിരിക്കുന്നു അതിവിടെ ഹേതു പറഞ്ഞു എന്തുകൊണ്ട് സംഭവിക്കുന്നു ദ്വയോപലബ്ധി നിമിത്തം ആവരണം എന്ന് പറയുന്നത് അതെല്ലാവരും ആവരണം ദ്വൈതോപലബ്ധി എന്ന് പറയുന്നത് ജാഗ്രത സ്വപ്നങ്ങൾ ജാഗ്രതങ്ങൾ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നു ഈ ജാഗ്രസ്വപ്ന അനുഭവം തന്നെ ഇതിനാവരണമായിരിക്കുന്നു രണ്ടും പറയും ഈ ജാഗ്രസ്വപ്നാനുഭവങ്ങളിൽ തന്നെ ഇത് പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നു ജാഗ്രത സ്വപ്ന തന്നെ ആവരണമായി ഇരിക്കുന്നു രണ്ടും ഒരേ കേന്ദ്രത്തിൽ തന്നെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു വിജ്ഞനെ സംബന്ധിച്ച് ഈ ജാഗ്രത സ്വപ്ന അനുഭവങ്ങൾ തന്നെയാണ് ഇതിൻ്റെ ഉപലബ്ധി നിമിത്തം എന്ന് പറയും അതേസമയം അജ്ഞനെ ഈ ജാഗ്രത സ്വപ്ന പ്രകാശം ഇതാണ് ഇവിടെ ആവരണമായിരിക്കുന്നു രണ്ടുപേരും ഒരേ തലത്തിൽ തന്നെ നിൽക്കുന്നു പക്ഷേ ഒന്നൊരാൾക്ക് ആവരണമായിട്ടും അതുതന്നെ മറ്റൊരാൾക്ക് പ്രകാശമായിട്ടും അനുഭവപ്പെടും രണ്ടിനായാലിശലിന യത്നാന്തരം അപേക്ഷത ഇനി മറ്റൊരു കാരണത്തെ കണ്ടെത്തേണ്ട കാര്യമില്ല ആത്മാവ് മറയുന്നതിനും അത് പ്രകാശിക്കുന്നതിനും രണ്ടിനും മറ്റൊരു ഖേദമില്ല അതുകൊണ്ടാണ് അതിനെ സ്വയം പ്രകാശിക്കുന്നു എന്ന് പറയുന്നു ഹേതുല്ല എന്ന് പറയാൻ അത് പ്രകാശിക്കുന്നതിനും മറ്റൊരു ഹേതുവില്ല അതുകൊണ്ടതിന് സ്വയം പ്രകാശം എന്ന് പറയും അങ്ങനെ മറയ്ക്കുന്നതിനും മറ്റൊരു ഹേതുവില്ല അതുകൊണ്ടാണ് നമ്മൾ മറയെന്ന് കല്പിക്കുന്നതിന് മിഥ്യ എന്ന് പറയുന്നു അതില്ലാത്താണെന്ന് പറയുന്നു ഇല്ലാത്ത ഒന്നിനെ മറയ്ക്കാൻ കഴിയും ഇല്ലാത്ത ഒന്നിന് മറയ്ക്കാൻ കഴിയും അതുകൊണ്ട് ഇതിനെ പ്രകാശിപ്പിക്കുന്നത് യത്നം കൊണ്ടല്ല യത്നാന്തരം എന്തെങ്കിലും ഒരു യത്നം കൊണ്ട് അതിനെ പ്രകാശിപ്പിക്കുന്നുണ്ട മറക്കുന്നതിനും യത്നത്തിന്റെ ആവശ്യമുണ്ട് അജ്ഞനും ഈ ആവർണം സഹജമായിരിക്കുന്നു വിജ്ഞനും ഈ പ്രകാശം സഹജമായിരിക്കുന്നു അജ്ഞനെ സംബന്ധിച്ച് പറയുകയാണെങ്കിലോ ദുഃഖം അവന് ദുഃഖം പ്രകടമാകുന്നു ആവർണം സഹജമായിരിക്കുമ്പോ ഈ ആവരണം കൊണ്ട് ആ സുഖസ്വരൂപം മറയുന്നത് കൊണ്ട് ദുഃഖം പ്രകടമാകുന്നു അത് സഹജമായി തന്നെ പ്രകടമാകുന്നു ദുഃഖം സഹജമായി പ്രകടമാകുന്നതുകൊണ്ടാണ് ഇതിന് അനാദി എന്ന് പറയുന്നത് ഒരു ഹേതുണ്ടെങ്കിലും നമുക്ക് ആദ്യം ഉണ്ടെന്ന് പറയാൻ പറ്റും കാരണെല്ലാം ആദ്യമുള്ളൂ സംസാരത്തിനെ കുറിച്ച് പറയുന്നത് എന്താണ് അത് ദുഃഖം അനാദിയാണ് ബന്ധനം അനാദിയാണ് എന്ന് പറയുന്നത് എന്തുകൊണ്ട് അതിന് ഹേതുല്ലാത്തതാണ് അതിന് സഹജം എന്ന് പറയുന്നു ഹേതുവില്ല ദുഃഖം പ്രകടീക്രിയത ദുഃഖം പ്രകടമാകുന്നു എന്നത് സഹജമായി സംഭവിക്കുന്നതിനാണ് പ്രകടം എന്ന് പറയുന്നത് ഇതാജ്ഞന്റെ നനെ കുറിച്ച് പറയും മോക്ഷത്തെ കുറിച്ച് പറയുന്നു അത് തന്നെ എന്താണ് ഇവിടെ അജാതി മോക്ഷത്തെ കുറിച്ച് പറയുന്നത് എന്താണ് അതും അനാദ്യം എന്തുകൊണ്ട് അതും സഹജമാണ് അതിന് ഹേതുല്ല ഹേതുല്ലാത്ത കൊണ്ടാണ് പറയുന്നത് കർമ്മം കൊണ്ടൊന്നും സാധ്യമല്ല നിർനിമിത്തമാണ് അതും പ്രകടമാകുന്നു അത് രണ്ടും പ്രകടമാക്കുന്നതോ ശ്രുത്യാചാ ഉപദ ശ്രുതി ആചാര്യന്മാർ ശ്രുതി നിമിത്തമാണോ അല്ല ശ്രുതിയെ കുറിച്ച് പറയുന്നത് എന്താണോ അത് സ്വയം പ്രകാശിക്കുന്ന എന്തുകൊണ്ട് ശ്രുതി സ്വയം പ്രകാശിക്കുന്നു എന്ന് പറയുന്നു ശ്രുതി എന്ന് പറയുന്നത് ജ്ഞാനമാണ് ജ്ഞാനം സ്വയം പ്രകാശിക്കുന്നതാണ് അതുകൊണ്ടാണ് പറയുന്നത് വേദം അർത്ഥത്തെ പ്രകാശിപ്പിക്കുന്ന പറയാം അങ്ങനെ പറയാം നമ്മൾ ധരിക്കുന്ന എന്താണ് വേദം പഠിച്ചിട്ട് അർത്ഥത്തെ നമ്മൾ മനസ്സിലാക്കുന്നു പാസോത്തിലല്ല സംഭവിക്കുന്നത് വേദം സ്വയം അർത്ഥത്തെ പ്രകാശിപ്പിക്കുകയാണ് സ്വയം വേദത്തിലർത്ഥം പ്രകാശിക്കുന്നു എന്ന് പറയാം അഗ്നിയെ നമുക്ക് പ്രകാശിപ്പിക്കാൻ കഴിക്കുന്നു അഗ്നി ഇങ്ങനെ പ്രകാശിപ്പിക്കുന്നു കാരണം അതിന്റെ സ്വരൂപം തന്നെ പ്രകാശമാണ് അതുപോലെ വേദത്തെ നമുക്ക് ഗ്രഹിക്കാൻ കഴിയുന്നു ഠിച്ച് മനസ്സിലാക്കുന്നെന്ന് പറയും അത് സാധ്യമുള്ള ശ്രുതിയെ അങ്ങനെയാണെങ്കിൽ അഗ്നിയെ നമുക്ക് പ്രകാശിപ്പിക്കാൻ കഴിയും അഗ്നി എന്തുകൊണ്ട് പ്രകാശിക്കും പ്രകാശിപ്പിക്കും മറ്റൊരു പ്രകാശത്തെ കൊണ്ട് അഗ്നിയെ പ്രകാശിപ്പിക്കാൻ പറ്റും അതിന്റെ അതുപോലെ വേദം സ്വയം പ്രകാശിക്കുകയുണ്ട് വേദം അർത്ഥത്തെ പ്രകാശിപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്റെ അർത്ഥം ജ്ഞാനം സ്വയം പ്രകാശിക്കുന്നു എന്നാണ് കേവലം വേദത്തെ ഒരു നിമിത്തമായി കൽപ്പിക്കുന്നുവെന്ന് മാത്രം എങ്ങനെ അഗ്നി വസ്തുക്കളെ പ്രകാശിപ്പിക്കുന്നു നമ്മൾ പറയുന്നത് അഗ്നിവാസ്തവത്തിൽ വസ്തുക്കളെ പ്രകാശിപ്പിക്കുന്നുണ്ട് കാരണം അഗ്നി പ്രകാശന സ്വരൂപമാണ് അഗ്നി എവിടെയൊക്കെ ഉണ്ടോ അവിടെ പ്രകാശം സഹജമായി സംഭവിച്ചുകൊണ്ടിരിക്കുന്നു അഗ്നിക്ക് പ്രത്യേകിച്ച് വസ്തുക്കളെ പ്രകാശിപ്പിക്കേണ്ട ആവശ്യമില്ല അത് അഗ്നിയുടെ സ്വഭാവം തന്നെയാണ് എന്ന് പ്രകാശം ആ പ്രകാശത്തിന്റെ പരിധിയിൽ വരുന്ന എല്ലാം പ്രകാശിക്കുകയാണ് അഗ്നിയുടെ എന്താ വിശേഷിച്ചത് ക്രിയ ചെയ്യുന്നു സഹജമായെടുത്ത് ക്രിയയുടെ ആവശ്യം അതുപോലെ വേദം ജ്ഞാനസ്വരൂപമായി സ്വയം പ്രകാശിക്കുക അതുകൊണ്ടവിടെ നയത്നാന്തരം അപേക്ഷതയും ആവരണത്തെക്കുറിച്ച് ചിന്തിച്ചാലും ശരി ആവരണ നാശത്തെക്കുറിച്ച് ചിന്തിച്ചാലും ശരി രണ്ടിടത്തും ആരുടെയെങ്കിലും യത്നം ആവശ്യമില്ല അതാണ് അജാതി ആത്യന്തികമായി പറയുന്നത് അതുകൊണ്ട് എന്താണ് നമ്മൾ ശാസ്ത്രത്തെ അധ്യയനം ചെയ്ത് നമ്മളിതിനെ ഗ്രഹിക്കുകയല്ല ചെയ്തു ശാസ്ത്രം അത് ശബ്ദാത്മകമല്ല നമ്മൾ ധരിക്കുന്നത് നമ്മൾ ശാസ്ത്രത്തെന്താണ് ശബ്ദസ്വരൂപമായിട്ടാണ് ഗ്രഹിക്കുന്നത് ശാസ്ത്രം വാസ്തവത്തി എന്താണ് അത് ജ്ഞാനസ്വരൂപമാണ് നമ്മൾ പരിശ്രമിക്കുന്ന എന്തിനാണ് ശബ്ദഗ്രഹണത്തിന് വേണ്ടിയിട്ടാണ് ശബ്ദത്തെ ഗ്രഹിക്കാനാണ് നമ്മൾ പരിശ്രമിക്കുന്നത് ജ്ഞാനത്തെ ഗ്രഹിക്കാനില്ല പരമാവധി നമുക്ക് വിശ്രമിച്ചാൽ എന്തു ശബ്ദത്തെ ഗ്രഹിക്കാൻ പറ്റും മനുഷ്യത്രേന്ത്യം വേണം മനസ് വേണം മനസ്സിന്റെ ഏകാഗ്രത വേണം ഇതിലൂടെയൊക്കെ നമ്മൾ ശബ്ദത്തെ ഗ്രഹിക്കുന്നു അത്രേ ഉള്ളൂ മറ്റ് വിഷയങ്ങൾ ഗ്രഹിക്കുമ്പോൾ എന്താണ് ഇവിടെ ശബ്ദത്തിന് വേറിട്ട അർത്ഥമുണ്ട് പുസ്തകം ശബ്ദം അതിന്റെ അർത്ഥം എന്താണോ ഈ വസ്തു ശബ്ദത്തിലൂടെ നമ്മൾ വസ്തുവിനുഗ്രഹിക്കുന്നു ഇവിടെ എങ്ങനെയാണല്ല ഇവിടെ എന്താണ് അർത്ഥം എന്ന് പറയുന്നത് സ്വയം ഞാനന്ദൻ ജ്ഞാനത്തിന് മറ്റൊന്നിനും പ്രകാശിപ്പിക്കാൻ പറ്റത്തില്ല കഴിയില്ല ഞങ്ങളിവിടെ പറഞ്ഞ യത്നാന്തരം അപേക്ഷത മറ്റൊന്നിനും അവനെ പ്രകാശിപ്പിക്കാൻ കഴിയത്തില്ല മറ്റൊന്നിനെയും പ്രകാശിപ്പിക്കാൻ കഴിയുന്നില്ലെങ്കിൽ പിന്നെന്താണോ അത് സ്വയം പ്രകാശിപ്പിക്കണം അപ്പം നമ്മുടെ നോക്കെവിടെ കേവലം ഈ ശബ്ദഗ്രഹണത്തിന് വേണ്ടി മാത്രം അതാണ് മറ്റ് ശാസ്ത്രങ്ങൾ അധ്യയനം ചെയ്യുന്നതും ശ്രുതി ശ്രവിക്കുന്നതിനും തമ്മിലാണ് വ്യത്യാസം ആത്മതത്വത്തെ വെളിപ്പെടുത്തുന്ന ആ ശ്രുതി ശ്രവിക്കുമ്പോ അത് സ്വയം വെളിപ്പെടുകയായിരുന്നു നമ്മുടെ യത്നങ്ങളെല്ലാം ശബ്ദഗ്രഹണത്തിൽ അവസാനിക്കുന്നു യത്നം അവിടെ നമ്മൾ ചെയ്യുന്നു അത് ഈ ശബ്ദത്തെ ഗ്രഹിക്കുന്നതിന് വേണ്ടി മാത്രം ഇത് ജ്ഞാനത്തെ സംബന്ധിച്ച് അതുകൊണ്ടാണത് സ്വയം പ്രകാശിക്കുന്നു എന്ന് പറഞ്ഞു അപ്പൊ നമ്മൾ ഇവിടെ ഒന്നും പഠിച്ച് മനസ്സിലാക്കുന്നില്ല ശബ്ദത്തെ അപേക്ഷിച്ചൊന്നും മനസ്സിലാക്കുന്നുണ്ട് ശബ്ദം ഒരു നിമിത്തമായി വരുമ്പോ അസ്വയം വെളിപ്പെടുന്നത് ചക്ഷിരി ഒരു നിമിത്തമായി വരുമ്പോൾ പ്രകാശം പ്രകാശിക്കുന്ന പോലെ പ്രകാശത്ത് ചക്ഷിരിദ്ന്ദ്രിയം പ്രകാശിപ്പിക്കുന്നില്ല ഇതിന്റെ സ്വയം തസ്വരൂപമാണ് പ്രകാശ സ്വരൂപമാണ് അതുപോലെ ഇതിന് സമാനമായി തന്നെയാണ് അജ്ഞാനത്തിന് സംഭവിക്കുന്നത് അതാണ് ഇവിടെ പറയുന്നത് അത്ര ആവരണം എന്ന യത്നാന്തരം അപേക്ഷത മറ്റൊരു യത്നത്തെയും അത് അപേക്ഷിക്കുന്നില്ല ഇതെല്ലാം എന്തുകൊണ്ടിങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു ആണ് ചോദ്യം നിത്യമുക്തമായിരിക്കുന്ന ആത്മാവ് സ്വയം പ്രകാശിക്കുന്ന ആത്മാവിൽ ഇതെല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു സംഭവിക്കുന്നതിന് വേറെ ഹേതുക്കളൊന്നുമില്ല അതിനാണ് യാന്തരം എന്ന് പറയുന്നത് മറ്റൊന്നുമില്ല അവര് അതുപോലെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു സഹജമായി സംഭവിച്ചുകൊണ്ടിരിക്കുന്നു അതുകൊണ്ട് ദുഃഖം ച വിപുരിയെ പ്രകടീകരിയതെ ദുഃഖം സഹജമായി പ്രകടമാകുന്നു അജ്ഞന്റെ അവസ്ഥ പറയുന്നത് രണ്ട് തലത്തിൽ വിശദീകരിക്കുന്നു ഒന്ന് അജ്ഞന്റെ തലത്തിൽ അജ്ഞന്റെ പ്രശ്നങ്ങൾക്ക് സമാധാനം പറയുകയാണ് എന്താണ് നിന്റെ എല്ലാ പ്രശ്നങ്ങളും എല്ലാം നിന്നിൽ സഹജമായിരിക്കുന്നു അങ്ങനെ പറയുമ്പോൾ ചോദ്യം വരുമ്പോ ഞാനും ഇങ്ങനെ സംഭവിക്കുന്നു മോക്ഷം ഇങ്ങനെ സംഭവിക്കുന്നു ഇത് സഹജമാണെങ്കിൽ അപ്പൊ അതിന് അജ്ഞന്റെ തലത്തിൽ സമാധാനവും അജ്ഞന്റെ പ്രശ്നങ്ങൾക്ക് അജ്ഞന്റെ തരത്തിലുള്ളൊരു സമാധാനം പറയാനുണ്ട് അതിന് ഒറ്റ വാക്കുകയുള്ളൂ സഹജം അതെല്ലാം അങ്ങനെ സഹജമായി സംഭവിച്ചുകൊണ്ടിരിക്കുന്നു മറിച്ചാണെങ്കിലോ പിന്നെ അത് വിജ്ഞന്റെ തലത്തിലേക്ക് പോണം അജ്ഞന്റെ തരത്തിലുള്ള ഒരു സമാധാനം പറയാനുള്ള സഹജമെന്നുള്ള ഒരു വാക്കുണ്ടോ വിജ്ഞന്റെ തലത്തിലേക്ക് വന്നാലോ അവിടെയും ഒന്നേ പറയാനുള്ളൂ എല്ലാം സഹജമായി സംഭവിച്ചുകൊണ്ടിരിക്കുന്നു ഇതിനെ രണ്ടു ഡീകൾ നമുക്ക് ബന്ധപ്പെടുത്താൻ നോക്കത്തുണ്ട് എന്ന് പറയുമ്പോ അജ്ഞന്റെ തലത്തിൽ നിന്നുകൊണ്ട് ഇതിനൊന്നും പൂർണ്ണമായ സമാധാനം ഇല്ല സഹജമായിരിക്കുന്നു അങ്ങനെ ഒരിക്കലും മാറ്റാനൊക്കത്തില്ല അജ്ഞനും സഹജമായിരിക്കുകയാണ് അവന്റെ സർവോഷങ്ങളും അതവിടെ അതിന് മാറ്റം സംഭവിക്കുന്നുണ്ട് രാശയം തന്നെയാണ് ഗീതെന്നും പറയുക നിശാസരോ ഭൂതാനോ സസ്യാൻ ജാഗ്രത അവിടെ ഇത് തന്നെ പറഞ്ഞത് അജ്ഞാനിയുടെ ഉണർവിൽ അതും മറ്റൊരു തലം അവിടെ ഈ അജ്ഞാനവും കൊലാഹനങ്ങളൊന്നും തന്നെ ഇല്ല ആജ്ഞന്റെ ഉറക്കത്തിൽ ഈ ജ്ഞാനവും ഒന്നുമില്ല ആജ്ഞന്റെ തലത്തിൽ നിന്നുകൊണ്ട് ഈ ജ്ഞാനത്തെ കൊണ്ടുവരാൻ ശ്രമിച്ചാൽ അതൊരിക്കലുമില്ല ജ്ഞാനിയുടെ തലത്തിൽ ആജ്ഞന്റെ പ്രശ്നങ്ങളും സമാധാനങ്ങളും അതവിടെയില്ല പൂർണ്ണമായും രണ്ട് തലമാണ് നമ്മൾക്ക് പറ്റുന്ന തകരാറെന്താണ് അജ്ഞന്റെ തലത്തിൽ നിന്നുകൊണ്ട് ജ്ഞാനത്ത് ആഗ്രഹിക്കാൻ ശ്രമിക്കുന്ന തകരാറ് രണ്ടും രണ്ടും തലമാണ് ഇവിടെ നിന്ന് എത്ര ശ്രമിച്ചാലും അത് നടക്കത്തില്ല എന്തുകൊണ്ട് പരമാർത്ഥ ജ്ഞാന സബ്ദു ലഭത്വം പരമാർത്ഥ ജ്ഞാനം ദുർലഭമാണ് തനിക്ക് സ്വയം അജ്ഞനായിരിക്കുകയും വേണം പരമാർത്ഥ ജ്ഞാനവും വേണം രണ്ടും കൂടിയാണ് നടക്കത്തില്ല അ ദുർലഭമായിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ആരെ സംബന്ധിച്ച് ജ്ഞാനെ സംബന്ധിച്ചല്ല അജ്ഞനെ സംബന്ധിച്ച് എന്തുകൊണ്ട് അവനും സഹജമായിരിക്കുന്ന അജ്ഞാനമാണ് അജ്ഞാന സഹജമായിരിക്കുമ്പോൾ അത് ദുർലഭമായിരിക്കും ശാസ്ത്രം ഇതിനെ പ്രകാശിപ്പിക്കുന്നു എന്ന് പറയുന്നു എന്തുകൊണ്ടത് ഗ്രഹിക്കുന്നില്ല കാരണം ഞാൻ സ്വയം പ്രകാശിക്കുന്നതായിട്ടും അവന് അന്ധതയിൽ എന്തുകൊണ്ടിരിക്കുന്നു അതിൻ്റെ സമാധാനം ഞാൻ സ്വയം പ്രകാശിക്കുന്നില്ല എന്നാണ് സ്വയം അന്ധതയിൽ ഇരിക്കുന്നു അതുപോലെ തന്നെ ശാസ്ത്രം പ്രകാശിപ്പിക്കുന്നു എന്ന് പറയും എന്നാലും അവനതിന് വെളിപ്പെടുന്നില്ല ശാസ്ത്രത്തെ ഒരു നിമിത്തമാക്കി അത് അവനും വെളിപ്പെടുന്നില്ല ഭഗവാൻ അസു ആത്മ അദ്വയോ ദേവ ഇത് ദേവനാണ് സ്വയം പ്രകാശിക്കുന്നവനാണ് അദ്വൈനാണ് ഈ ജാഗ്രത സ്വപ്നങ്ങൾ ഇതാണുള്ള ദൈതം ഇതില്ലാത്തവനാണ് ഭഗവാൻ എന്നാൽ ഇവനിൽ തന്നെയാണ് ഇത് സർവ്വ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ബന്ധുവും മോക്ഷവും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് രണ്ട് സംഭവിക്കുന്നൊണ്ടാണ് ഭഗവാൻ എന്ന് പറയുന്നത് സർവ്വ ഐശ്വര്യങ്ങളും നിലനിൽക്കുന്നവൻ ഇവിടുത്തെ ഐശ്വര്യം എന്ന് പറയുന്ന ഒന്ന് ഈ ദൈവോപലബ്ധി മറ്റൊന്ന് സ്വപ്രകാശ് ഇതാണ് ഇതിന്റെ പ്രത്യേകം ഈ അദ്വൈനായിരിക്കുന്ന പ്രകാശിക്കുന്നവനായിരിക്കുന്ന യുവനൻ ഇത് രണ്ടും അനുഭവപ്പെടുന്നു അജ്ഞന്മാർക്ക് എല്ലാം അന്ധതയെ അനുഭവപ്പെടുന്നു വിജ്ഞന്മാർക്കെല്ലാം പ്രകാശമായി അനുഭവപ്പെടുന്നു രണ്ടു തലത്തിൽ ഇത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു അതുകൊണ്ട് ഇത് ഗ്രഹിച്ചവനെ സംബന്ധിച്ചിടത്തോളം പ്രകാശം മാത്രം അത വേദാന്തയിൽ ആചാര്യ ബഹുശ ഉച്ചനോപി പറയുക വേദാന്തീസ് വേദാന്തവും ആചാര്യന് രണ്ടിനും ഒരേ പ്രാധാന്യമാണ് എന്നാലും ഭാഷ്യതാരൻ അല്പം മുൻതൂക്കം കൊടുക്കുന്നേപ്പോഴും അത് കഴിഞ്ഞേയുള്ളൂ ആചാര്യം ആദ്യം പറഞ്ഞ് ചെറുത് പറയും ശ്രുതി ആചാര്യ വേദാന്തത്തിന് ആ പ്രാധാന്യം രണ്ടാമതേ ഉള്ളൂ ആചാര്യസ്ഥാനം വേദാന്ത ശ്രുതി എന്തുകൊണ്ട് ആചാര്യനും ശ്രുതി ആശ്രയിക്കേണ്ടി വരും ഉപദേശിക്കാം അതുകൊണ്ടാണ് ശ്രുതിക്ക് പ്രാധാന്യം കൊടുക്കുന്നത് നേരത്തെ പറഞ്ഞല്ലോ ശ്രുതി സ്വയം പ്രകാശിക്കും ശ്രീയുടെ താല്പര്യം എന്ന് പറയുന്നത് എന്താണ് അതിന്റെ പ്രകാശമാണ് ആചാര്യൻ ഇതിനെ വെളിപ്പെടുത്തണമെങ്കിൽ എന്തുവേണം ശ്രുതി ആശ്രയിക്കേണ്ടി വരും വാർത്ത അവിടെ പ്രാധാന്യം അത് കഴിഞ്ഞ് ആചാര്യം വരുന്നത് കാരണം വേദാന്ത ആചാരീശിച്ച വേദാന്തവും ആചാര്യനും അല്ലെങ്കിൽ ശ്രുതിയാചാരി അങ്ങനെയും പറയും ആചാര്യൻ അങ്ങനെയും ആചാര്യൻ ആചാര്യനും ഈ ശ്രുതി ആശ്രയിക്കേണ്ടി വരുന്നവനാണ് വെളിപ്പെടുത്താൻ വേണ്ടി ആചാര്യനും സ്വയം പ്രവാസിക്കുന്നവനാണ് പക്ഷെ ബഹുശൌച്നോ ഈ ശിഷ്യനെ ഉപദേശിക്കുമ്പോൾ എന്തിനാശ്രു ഉപദേശിക്കും ശ്രുതി ആശ്രയിച്ചല്ലേ കിട്ടും മറ്റല്ലാതെ മറ്റൊന്നിനെ ആശ്രയിക്കാനും ീ തത്വത്തെ കുറിച്ച് ആചാര്യൻ പറയുന്നതന്നെയാണ് ശ്രുതി എന്ന് പറയുന്നത് എന്താ വേറെ ശ്രുതി തത്വത്തെ ആചാര്യൻ വെളിപ്പെടുത്താൻ ഉപയോഗിക്കുന്ന വാക്കുകൾ അത് ശ്രുതി അതിലൂടെ അല്ലാതെ എങ്ങനെ വെളിപ്പെടുത്താൻ പറ്റും അതുകൊണ്ട് പറയുന്നു വേദാന്താചാര്യ ഹി ബഹുശൌച്യമാണോ പല പ്രകാരത്തിൽ പറഞ്ഞിട്ടും ആചാര്യന്മാര് പലരാണ് അവരുടെ ഉപദേശങ്ങളും പലതാണ് എല്ലാവരുടെയും താല്പര്യമെന്ന് ഓരോരോ കാര്യത്തിൽ തന്നെയാണ് അവർ വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത് പല പ്രകാരത്തിനും പറയും ശിഷ്യന്റെ നിലവാരം അനുസരിച്ച് പറയുന്നു െന്തുകൊണ്ട് വെളിപ്പെടുന്നില്ല മിഥ്യാഭിനിവേശം മിഥ്യാഭിനിവേശം കൊണ്ട് എന്തുകൊണ്ട് വെളിപ്പെടുന്നില്ല അതുകൊണ്ട് സാധന സമ്പത്തിയില്ല ആചാര്യന്മാരുടെ ഉപദേശം ചിലപ്പോൾ തത്വത്തെ നേരിട്ട് പ്രകാശിപ്പിക്കുന്നതായിരിക്കും ചിലപ്പോൾ സാധന സമ്പത്തിക്ക് വേണ്ടിയായിരിക്കും അതുകൊണ്ടാണ് ബഹുശെന്ന് വെച്ചാൽ ബഹുപ്രകാരത്തിൽ ും സഖ്യതയും എങ്ങനെയൊക്കെ വെളിപ്പെടുത്തിയിട്ടും അത് വെളിപ്പെടുന്നില്ല ശിഷ്യന് അത് പറയുന്നതിന്റെ താല്പര്യത് തന്നെയാ ശിഷ്യന്റെ അയോഗ്യതയെ ആശ്രയിച്ചിരിക്കുന്നു ഗുരുവിന്റെ അയോഗ്യതയെ ആശ്രയിക്കുന്നില്ലേ യോഗ്യനെയാണ് ഗുരു എന്ന് പറയുന്നു ഇവിടെ പലതരത്തിലുള്ള ഗുരുക്കന്മാരുള്ള ഗുരു ഒരു തരത്തിലുള്ള ശിഷ്യന്മാര് പലതരത്തില് വരാം ഗുരു എന്താ ഒരു തരത്തില് വരുന്നു നമ്മള് പറയണ്ടോ സദ്ഗുരു അസദ്ഗുരു എന്ന് പറയുന്നു അസത് എന്ന് പറയുന്ന ഒരിക്കലും ഗുരുവാകത്തുന്നു അങ്ങനെങ്ങനെ നമ്മൾ അസത്തിനെങ്ങനെ ഗുരുവെന്ന് പറയും ഗുരുവാകത്തു അപ്പൊ ഗുരു ഏക രൂപത്തിലുണ്ട് പക്ഷെ ശിഷ്യന്മാരെങ്ങനെയാണ് ഉത്തമ മധ്യമ മന്ദന്മാരെ നിന്നാൽ ശിഷ്യന്മാർ അധികാരിഭേദം അനുസരിച്ചൊക്കെ തിരിച്ചു പറയും അങ്ങനെയാണെങ്കിൽ ഗുരു ഏകനാണെങ്കിൽ പല ഉപദേശങ്ങളെങ്ങനെ വരുന്നു ഏകനായ ഗുരു ഏക രൂപത്തിൽ തന്നെയാണല്ലോ ഉപദേശിക്കുന്നത് നമ്മൾ പല ഗുരുക്കന്മാരെ കാണുന്നു പലതരത്തിലും ഉപദേശം കാണുന്നു ഇവിടെയും പറയുന്നു ബഹുശൌചന പലതരത്തിൽ ഉപദേശിച്ചിട്ടുണ്ട് ഗുരു ഒരാള് തന്നെയാണ് പല ഗുരുക്കന്മാർ പക്ഷെ ഉപദേശം പലതരത്തിൽ വരാം അതുകൂടെ അംഗീകരിക്കുന്നുണ്ട് ബഹുസഭ പല പ്രകാരത്തിൽ എന്നാണ് അത് ശിഷ്യന്മാരുടെ ഭേദമനുസരിച്ചാണ് ഗുരുക്കന്മാരുടെ ഭേദമനുസരിച്ചാണ് ഗുരു ഏകനാണ് എന്തുകൊണ്ട് ഉപദേശവും ഏകമാണ് എങ്ങനെ അത് ശ്രുതിയാണ് പക്ഷെ ശിഷ്യന്മാരുടെ ഭേദമനുസരിച്ച് ആ ഉപദേശത്തിൽ വ്യത്യാസപ്പെടുത്തും പലതാകും ശിഷ്യന്റെ നില അനുസരിച്ച് ഉപദേശം വരും അത് ഉപദേശ ഈ തരത്തിലായതിനനുസരി ഈ പരമാർത്ഥത്തെ സർവർക്കും ബോധിക്കാൻ കഴിയുന്നില്ല എന്നാണ് പറയുന്നത് നമ്മുടെ അനുഭവത്തിനും അങ്ങനെയാണ് ഞാതും നശക്കതേ പ്രകാശിക്കുന്നുണ്ട ശിഷ്യങ്ങൾ പ്രകാശിക്കുന്നുണ്ടായങ്ങൾ നിരവധി ഉണ്ടായിരുന്നിട്ടും എന്ന് പറയുന്നു ആശ്ചര്യോ വക്തലോ അസുലഭക്താവ് ആശ്ചര്യം തന്നെ ഇവിടുത്തെ ആശ്ചര്യം എന്ന് പറയുന്നത് എന്താണോ പരവമായ തത്വത്തെ ആണ് ഇവിടെ വെളിപ്പെടുത്തുന്നത് ആചാര്യം അജാതത്തെ ആണ് വെളിപ്പെടുത്തുന്നത് <coughs> ും ആശ്ചര്യം തന്നെയാണ് എന്തുകൊണ്ട് ആശ്ചര്യം എന്ന് പറയുന്നു കാരണം ഒരജ്ഞനെ സംബന്ധിച്ച് എന്താണ് അവന്റെ അനുഭവം അനുഭവങ്ങളെല്ലാം നിരാകരിച്ചിട്ട് നേരെ വിപരീതമായിരിക്കുന്ന പരമാർത്ഥത്തെ പ്രകാശിപ്പിക്കുന്നത് അതാണ് എന്റെ ആശ്ചര്യം എന്ന് പറയുന്നത് അത്ഭുതമെന്ന് അവന്റെ അനുഭവം അവന്റെ അനുഭവം എന്താണ് പ്രപഞ്ചസത്യമാണെന്നുള്ള അനുഭവം അനുഭവങ്ങൾ എല്ലാം യാഥാർത്ഥ്യമാണെന്നുള്ള അനുഭവം ഈ ജാഗ്രസ്വപ്നങ്ങൾ എല്ലാം വാസ്തവമായി ഗ്രഹിക്കുക എന്നൊക്കെയുള്ള അനുഭവം അജ്ഞന്റെ അനുഭവം വിപരീതമായി എന്തിനാണ് അവന്റെ ബുദ്ധി ഒരിക്കലും അംഗീകരിക്കാത്തത് അങ്ങനെ ഒന്നിനെ പ്രകടമാകുന്നു അതാണ് ആശ്ചര്യം അത് നമ്മളെന്തിനെയാണ് ആശ്ചര്യം എന്ന് പറയുന്നത് നമ്മുടെ അനുഭവത്തിനും നമ്മുടെ യുക്തിക്കും നമ്മുടെ ഊഹത്തിനും അല്ല അപ്പുറമായി എന്തെങ്കിലും ഒന്ന് കാണുമ്പോഴാണ് നമ്മളത് െന്ന് പറഞ്ഞു ഇന്നുവരെയുള്ള അനുഭവത്തിനപ്പുറമായി കാണും നമ്മൾ ഊഹിക്കുന്നതിനപ്പുറം കാണും നമ്മുടെ പ്രമാണങ്ങൾക്കെല്ലാം അപ്പുറമായി കാണും നമ്മുടെ യുക്തിക്കും അപ്പുറമായി കാണും അതിനമ്മൾ ആശ്ചര്യം എന്ന് പറയും അതുതന്നെയാണ് ഇവിടെയും വക്താവ് ആശ്ചര്യകരമായ സത്യത്തെ വെളിപ്പെടുത്തുന്നത് കൊണ്ട് പറയുന്നത് അതിനൊരാശ്ചര്യമാണ് കാരണം അജ്ഞന്റെ അനുഭവത്തിന് നിരക്കുന്ന കാര്യമുണ്ട് പറയുന്നു അതിനപ്പുറം പറയും അജ്ഞന്റെ പ്രമാണങ്ങൾ സാധൂകരിക്കുന്ന അതിനെ അല്ലെ വെളിപ്പെടുത്തണം അങ്ങനെയൊരു സത്യമല്ല അതുകൊണ്ട് ആശ്ചര്യം ഈ പറയുന്ന ഈ പരമാർത്ഥ തത്വം ഒരിക്കലും അജ്ഞന്റെ യുക്തിക്ക് ബോധിക്കുന്ന അതുകൊണ്ട് ഇവിടെ വക്താവ് ആശ്ചര്യം തന്നെ അങ്ങനെ അച്ഛരികരമായ വക്താവിന് കിട്ടേണ്ട ശ്രോതാവ് എങ്ങനെയായിരിക്കും കുശലോ അസില അങ്ങനെ ഒരു ശ്രോതാവിനെ ഇത് പരിപൂർണമായി പ്രയോജനപ്പെടുത്തണം ശ്രോതാവും കുശലനായിരിക്കും എന്നു വെച്ചാൽ ഈ അച്ഛര്യ രൂപത്തിലുള്ള വക്താവ് വക്താവിന്റെ അച്ചരികരമായി വെളിപ്പെടുത്തൽ അത് ഗ്രഹിക്കുന്നതിന് ഉള്ള കുശലതാമെന്നുണ്ടായിരിക്കണം അസുലഭ അല്ല ശ്രോതാവ് രണ്ടും ഒരുമിച്ച് ചേരണം എന്നാലേ ചേർക്കും വേദാന്തം വന്നെങ്കിലും ശ്രുതി അവിടെ ഫലവത്താകട്ടെ കാര്യ ശ്രുതി തന്നെ പറയുന്നുണ്ട് ഇവിടെ ഈ തത്വത്തെ നമ്മോട് ഉപദേശിക്കുന്നത് വളരെ ആശ്ചര്യം തന്നെയാണ് ആചാര്യൻ സ്വയം ആശ്ചര്യമാണ് ആചാര്യൻ്റെ ഉപദേശവും ആശ്ചര്യമാണ് നമ്മൾ കേട്ടിട്ടില്ലാത്ത ഒന്നാണ് കേട്ടാൽ നമുക്ക് ഗ്രഹിക്കാൻ കഴിയാത്ത ഒന്നാണ് എന്നാൽ അത് മഹത്താണെന്ന് നമുക്ക് ബോധ്യപ്പെടുന്നതുമാണ് മഹത്വം എന്താണെന്ന് ഗ്രഹിക്കാതെ തന്നെ എന്റെ മഹത്വം ബോധ്യപ്പെടുന്നു ഒരു ഭൗതികമായ ഒരു വസ്തുവിന്റെ മഹത്വം പലപ്പോഴും ഗ്രഹിച്ചിട്ടായിരിക്കില്ല എന്നാണ് അതിന്റെ മഹത്വത്തെ ബോധ്യപ്പെടുന്നത് എന്താണ് ഇത് മഹത്വം ആണ് എന്ന് തോന്നുന്നു പക്ഷെ അതിന്റെ മഹത്വം എന്താണെന്ന് പിടികിട്ടത്തില്ല അതുപോലെയാണ് ഇവിടുത്തെ ഈ തത്വപ്രകാശം അത് മഹത്താണെന്ന് അറിയാം കേട്ടിടത്തോളം പക്ഷെ അതിന്റെ മഹത്വം അതേപടി വെളിപ്പെടുന്നില്ല എന്തുകൊണ്ട് വക്താവിൽ അതിനുള്ള ആ ശ്രോതാവിൽ അതിനുള്ള കുശലതയില്ല സാമർഥ്യമില്ല കൗശലം സാമർഥ്യം അതില്ല അത് രണ്ടു ഒത്തുചേർന്നു അത് രണ്ടു ഒത്തുചേർന്നാലേ ഇതിന്റെ പൂർണ്ണത സംഭവിക്കത്തുള്ളൂ ആ പൂർണ്ണതയിൽ എന്താണ് പിന്നെ വക്താവ് ശ്രോതാവ് എന്നുള്ള ഭേദം അവിടെ നഷ്ടപ്പെടുകയാണ് വക്താവിനവിടെ പിന്നെ ഗുരുവായി മാറി നിൽക്കാനും ശിഷ്യന് ശ്രോതാവായി മാറി നിൽക്കാനും കഴിയാത്ത അവസ്ഥ വരും ശിഷ്യ എന്ന് പറഞ്ഞിരിക്കും ആ അതാണ് ഇതിന്റെ പരമാവധി എന്ന് പറയുന്നത് അത് അത്യപൂർവമായി മാത്രം സംഭവിക്കുന്ന കാര്യമാണ് സംഭവിക്കുമ്പം ഈ പറയുന്നത് ശരിയായി തീരുന്നതാണ് ആശ്ചര്യോ വക്ത കുശലോ അശലബ്ധ ആ പറയുന്നത് ആ വക്താവിന്റെയും ശ്രോതാവിന്റെ ഏകത്വത്തെ കുറിച്ചാണ് വക്താവ് ആശ്ചര്യ രൂപത്തിലിരിക്കുന്നു ശ്രോതാവ് കുശലനായിരിക്കുന്നു അവിടെ തന്നെ ഭേദം അത് സംഭവിക്കാത്തടത്തോളം കാലം എന്താണോ ബഹുശൌച്യമാനോപി നൈവജ്ഞാത സഖ്യത അതാണ് ഭക്ഷ്യകാരം പറഞ്ഞത് പല ഇതിനെ ബോധിപ്പിക്കാൻ ശ്രമിച്ചിട്ടും ബോധിക്കുന്നില്ല അവിടെ ആചാര്യനും പരാജയപ്പെടുന്നു ശിഷ്യനും പരാജയപ്പെടുന്നു ഗുരു ഗുരുവായിരിക്കുന്നു ശിഷ്യൻ ശിഷ്യനായിരിക്കുന്നു ടുത്തത്തിൽ അതാണ് എന്റെ വ്യത്യാസം പറയുന്നതിന്റെ താല്പര്യം എന്താണോ ഈ തത്വം മഹത്വമുള്ളതാണ് പക്ഷെ ആ മഹത്വം മുളിപ്പെടുന്നില്ല വേണ്ടവണ്ണം ശ്രവിക്കുന്നവനും മുളിപ്പെടുന്നില്ല അതിന്റെ ഹേതു ആ സാധന സമ്പത്തിയുടെ പൂർണ്ണതയില്ലായ്മയാണ് ആ പൂർണത വന്നാൽ അത് വെളിപ്പെടുന്നു അവിടെ ആചാര്യൻ എന്നുള്ള ഭേദം നഷ്ടപ്പെടുന്നു അതുവരെ അത് വേറിട്ട് നിൽക്കുന്നു രണ്ടും അതുവരെ രണ്ട് സഹജമായിരിക്കുന്നു അജ്ഞന് അജ്ഞാന സഹജമായിരിക്കുന്നു ശിഷ്യന് തന്റെ അജ്ഞാനം സഹജമായിരിക്കുന്നു ഗുരുവിന് തന്റെ ജ്ഞാനം സഹജമായിരിക്കുന്നു അതാണ് പരമാർത്ഥം എന്നുള്ള കാര്യമാണ് ഇവിടെ പറയുന്നത് സുഖം നിത്യം ദുഃഖം ിഭയാ ബാദിശ പറഞ്ഞല്ലോ ഈ തത്വം പ്രകാശിക്കുന്നതാണ് സ്വയം പ്രകാശിക്കുന്നതാണ് അത് ശ്രുതി വെളിപ്പെടുത്തിയാലും ശരി ആചാര്യം വെളിപ്പെടുത്തിയാലും ശരി അല്ലാതൊരിക്കലും ബുദ്ധി കൊണ്ട് ഗ്രഹിക്കുന്നതാണ് പഠിച്ച് മനസ്സിലാക്കുന്നതല്ലാന്നു നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കൊരു ശീലമായിരിക്കുന്ന എന്താണ് പഠനമാണ് കാരണം അത് ശീലിച്ചു പോയതാണ് പഠനം അതിലൂടെ നമ്മളെന്താണ് നമ്മളിൽ എന്താണ് സംഭവിക്കുന്നത് വിഷയഗ്രഹണം ഉണ്ടാകുന്നു പഠിക്കുന്ന വിഷയഗ്രഹണത്തിന് വേണ്ടിയിട്ടാണ് കണക്ക് പഠിക്കുന്നു സയൻസ് പഠിക്കുന്നു സർവത്ര വിഷയഗ്രഹണം സംഭവിച്ചുകൊണ്ടിരിക്കും പഠനത്തിലൂടെ വിഷയഗ്രഹണമേ സംഭവിക്കൂ വേദാന്തം പഠിച്ചാലും ആധ്യാത്മിക ശാസ്ത്രങ്ങൾ പഠിച്ചാലും അവിടെ വിഷയഗ്രഹണമേ സംഭവിക്കത്തുള്ളൂ ഈ പറയുന്ന തത്വപ്രകാശം സംഭവിക്കില്ല എന്നത് നമ്മുടെ ധാരണ എന്താണ് നമ്മള് ഉപനിഷത്ത് പഠിക്കുന്നു നമ്മൾ കണക്ക് കൂട്ടുന്നുണ്ടോ ബ്രഹ്മസൂത്രം പഠിച്ചു വൻഷത്ത് പഠിച്ചു ഗീത പഠിച്ചു ഇനിയും പഠിക്കാനുള്ള ഗ്രന്ഥങ്ങൾ അനന്തശാസ്ത്രം ബഹുവേദിതകൾ ഒരുപാടുണ്ട് അനാത്മശാസ്ത്രങ്ങൾ പോലെ അധ്യാത്മശാസ്ത്രം തന്നെ ഒരുപാടുണ്ട് എല്ലാം കേവലം ബുദ്ധിവ്യായാമം നല്ലതാണ് ബുദ്ധിക്കൊരു വ്യായാമത്തിന് നല്ലതാണ് ശരീരത്തിന് വ്യായാമം ഉണ്ടെങ്കിൽ ശരീരം ആരോഗ്യത്തോടെ ഇരിക്കും ബുദ്ധിക്ക് വ്യായാമം ഉണ്ടെങ്കിൽ നല്ലതാണ് ബുദ്ധിക്ക് ആരോഗ്യം ഉണ്ടാവും ഈ ശാസ്ത്ര പഠനം കേവലം ബുദ്ധി വ്യായാമത്തിനെ ഉപദ്രവിക്കും അല്ലാതെ അതിന് ആ ബുദ്ധിക്ക് ആരോഗ്യം ഉണ്ടായിരിക്കുന്നതാണ് ദോഷമുള്ള കാര്യം ശരീരത്തിന് ആരോഗ്യം ഉണ്ടായിരിക്കുന്നതാണ് അതുപോലെയുള്ളു അത് പറയുന്നത് ഞങ്ങൾ വിഷയത്തെ ആഗ്രഹിക്കുന്നതിന് വേണ്ടിയിട്ടാണ് മോക്ഷത്തിന് വേണ്ടിയിട്ടാണ് പഠിക്കുന്നത് തത്വജ്ഞാനത്തിന് വേണ്ടിയിട്ട് പഠിക്കുകയാണ് അത് സാധ്യമല്ല പഠനം കൊണ്ട് മോക്ഷം ഉണ്ടാകത്തില്ല പഠനം കൊണ്ട് തത്വജ്ഞാനവും ഉണ്ടാകത്തില്ല ജ്ഞാനവും അതുകൊണ്ട് സംഭവിക്കത്തില്ല രണ്ടും എന്താണ് മോക്ഷവും ഞാനും ഇതൊരാരും ഇത് രണ്ടും പഠിച്ചു നേടിയിട്ടില്ല പഠനത്തിലൂടെ അത് സാധ്യമല്ല പിന്നെ പറയുന്നത് ജ്ഞാനം കൊണ്ട് മോക്ഷമെന്നു ജ്ഞാനം കൊണ്ട് മോക്ഷം എന്നുള്ളത് പറയുന്നത് ശരിയാ പക്ഷെ പഠനം കൊണ്ട് സാധ്യമല്ലെന്നാ പറയുന്നത് ുന്നു എന്ന് വരുമ്പോ നമ്മുടെ മനസ്സിലെന്താണ് വരുന്നത് വിഷയത്തെ ഗ്രഹിക്കുന്നു എന്നാണ് പഠനം എന്ന് വെച്ചാൽ നമ്മൾ ധരിച്ചിരിക്കുന്ന അത്രയാണ് വിഷയത്തെ ഗ്രഹിക്കുക എന്നുള്ളതാണ് അപ്പൊ പഠനത്തിലൂടെ നമ്മൾ പരമാവധി സാധിക്കുന്നതെന്നാണ് വിഷയഗ്രഹണം അപ്പൊ വിഷയഗ്രഹണത്തിലൂടെ തത്വഗ്രഹണം സാധ്യമല്ല കാരണം തത്വവും വിഷയമുണ്ട് വിഷയമായി ഗ്രഹിക്കുന്ന ഒന്നും തത്വം പിന്നെ എന്തുകൊണ്ടങ്ങനെ സംഭവിക്കുന്നു നമ്മുടെ ശീലമായി ബാല്യം മൂലം നമ്മൾ പഠിക്കുന്നു നമ്മളെ പഠിപ്പിക്കുന്നു അത് തത്വത്തെ സംബന്ധിച്ചായാലും നമ്മുടെ ആ ധാരണ ശീലം മാറ്റാൻ പ്രയാസമാണ് സഹജമായി വന്നുപോയത് സഹജമായി സ്വയം പഠിക്കുന്നു മറ്റുള്ളവർ പഠിപ്പിക്കുന്നു രണ്ട് സംഭവിക്കുന്നു അങ്ങനെ അശീലത്തെ മാറ്റാൻ പറ്റും അത് സാധ്യമല്ല സാധ്യമല്ലെന്ന് പറഞ്ഞാൽ എന്താ അതൊന്ന് ഉദ്ദേശിക്കുന്നത് കാരണം അത് ബുദ്ധിയുടെ യത്മമാണ് ബുദ്ധിയുടെ പരിശ്രമമാണ് ബുദ്ധി എന്ന് പറയുന്നത് കേവലം ഭൗതികമായ ഒരു പദാർത്ഥമാണ് ഭൗതികമായ പദാർത്ഥമായ ബുദ്ധിയുണ്ട് എങ്ങനെ തത്വം മണിപ്പെടും അങ്ങനെ ശ്രമിക്കുന്നവരുണ്ട് അങ്ങനെ ശ്രമിച്ചവരെ കുറിച്ചാണ് അടുത്ത് പറയുന്നത് ബുദ്ധിക്ക് പ്രാധാന്യം കൊടുക്കുന്നവർ ചിന്തയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്നവർ മനനത്തിന് പ്രാധാന്യം കൊടുക്കുന്നവർ ആത്മതത്വത്തെയും വിഷയമായി ബുദ്ധിയുണ്ടെങ്കിലും ശ്രമിച്ചവർ അതിവിടെ അംഗീകരിക്കുന്നില്ല ബുദ്ധിയിലൂടെ നേടുന്നു എന്നതിനെ കുറിച്ചല്ല ഇവിടെ അജാതത്തിൽ പറയുന്നു തത്വത്തെ അങ്ങനെയല്ല ഇവിടെ വെളിപ്പെടുത്തുന്നത് അതുകൊണ്ട് നമ്മുടെ പഠന സമ്പ്രദായം അതിവിടെ പ്രയോഗിച്ചിട്ട് കരുതുന്നു പറഞ്ഞല്ലോ ഇത് നിർനിമിത്തമാണ് ഇത് പ്രകാശിക്കുന്നതാണ് എന്ന് പറഞ്ഞാൽ പഠനം പ്രയോജനമില്ലാത്തതെന്ന് തന്നെ പറഞ്ഞു പറഞ്ഞല്ലോ ഭക്ഷണവും മരുന്നും ആരോഗ്യത്തെ നിലനിർത്തുന്നത് പോലെ ബുദ്ധിക്കും ആഹാരം ആവശ്യമാണ് ബുദ്ധിക്ക് മരുന്നാവശ്യമാണ് ബുദ്ധിക്ക് വ്യായാമം ആവശ്യമാണ് അതെല്ലാം ബുദ്ധിയെ സഹായം തത്വം വെളിപ്പെടുന്നത് എന്തൊരു നിമിത്തമാണ് ഇതിനെ ഒന്നും ആശ്രയിച്ചിട്ടല്ല ഇനി ബുദ്ധിയെ നമ്മൾ ആശ്രയിച്ചാലോ കൂടുതലായിട്ട് ബുദ്ധിയുടെ ഒരു സ്വഭാവം ഉണ്ടെന്താണ് അത് സദാ വികല്പങ്ങൾ സൃഷ്ടിച്ചു കൊണ്ടേയിരിക്കും അത് ഒരു സമയം നമുക്ക് തോന്നിക്കും ഇതാണ് ശരി അടുത്ത സമയം തോന്നും ഇതല്ല മറ്റതാണ് ശരി ഇതാണ് വികല്പങ്ങൾ എന്ന് പറയുന്നത് ബുദ്ധിയുടെ സ്വഭാവമാണ് അത് നമുക്ക് മാറ്റാൻ പറ്റത്തില്ല പലതും ബുദ്ധി ശരിയാണെന്ന് തോന്നിപ്പിക്കും പലതും തെറ്റാണെന്നും തോന്നിപ്പിക്കും സാധ്യത്തെ സംബന്ധിച്ചും സാധനങ്ങളെ സംബന്ധിച്ചും ബുദ്ധി പോലെ വകല്പങ്ങളെ സൃഷ്ടിച്ചുകൊണ്ടേ ബുദ്ധി ആശ്രയിച്ചു ചെയ്യുന്ന ഒരു കാര്യങ്ങളും സ്ഥായിയായി നീക്കത്തില്ല നമ്മൾ കാണാറുണ്ടല്ലോ വേദാന്തം കേൾക്കുമ്പോൾ ചിലര് ശരി ഇനി വേദാന്തത്തിട്ട് തന്നെ വരികയും അതിന് പരിശ്രമിക്കും കുറച്ച് ദിവസം അല്ലെങ്കിൽ പെട്ടെന്ന് ഫലമൊന്നും കണ്ടില്ലെങ്കിൽ ഉടനെ ശരി ഇനി വേണ്ട ഇനി കുറച്ച് യോഗ ശരി യോഗാഭ്യാസങ്ങൾ ചെയ്യാം അതിനും പ്രത്യേകിച്ച് ഫലം കാണത്തില്ല അത് കഴിയുമ്പോൾ ശരി ഇനി അത് വേണ്ട കുറച്ച് ജപമാകാം അത് നോക്കും നടക്കത്തിന് എന്നാൽ പിന്നെ ഇനി കുറച്ച് ധ്യാനമാകാം അതിൽ തന്നെ പല പല ഉപായങ്ങളും പല പല ടെക്നിക്കുകളും മാറി മാറി ഒന്ന് കുറച്ച് ദിവസം നോക്കുക രക്ഷയില്ല അടുത്ത് നോക്കുക രക്ഷയില്ല അവസാനം എല്ലാം ഉപേക്ഷിക്കുക ബുദ്ധിയുടെ ഗണിയായി സാറിന് എല്ലാ രീതിയിലും ബുദ്ധി കൊണ്ടിവിടെ തത്വഗ്രഹണത്തിലും അതിലൂടെയുള്ള മോചനത്തിനും ബുദ്ധി വലിയ സഹായമൊന്നും ചെയ്യത്തില്ല ബുദ്ധി ആശ്രയിച്ചു എന്തായിരിക്കും മുമ്പ് ബുദ്ധി അനുഭവങ്ങളെക്കുറിച്ച് പറയുകയാണ് അടുത്ത് അസ്ഥി നാസ്തി ഇത്യാദി സൂക്ഷ്മ വിഷയാവി പണ്ഡിതാനാം ഗ്രഹ ഭഗവത പരമാത്മന ആഭരണ പണ്ഡിതന്മാർ എന്ന് പറയുന്നത് സൂക്ഷ്മബുദ്ധിയുള്ളവർ ഏതൊരു പദാർത്ഥത്തിൻ്റെയും തത്വത്തെ ഗ്രഹിക്കുന്നതിന് ശേഷിയുള്ളവർ അവർ വളരെയധികം മനനം ചെയ്യുന്നവർ ശാസ്ത്രങ്ങളെല്ലാം അനാത്മശാസ്ത്രങ്ങളെല്ലാം അധ്യാത്മശാസ്ത്രങ്ങൾ തന്നെ ശരിക്കും പഠിക്കുന്നവര് ചിന്തിക്കുന്നവര് അസ്ഥി നാസ്തി ഇത്യാദി സൂക്ഷ്മ വിഷയ പണ്ഡിതാനാങ് പണ്ഡിതന്മാരുടെ അറിവ് വളരെ സൂക്ഷ്മമാണ് അവര് പറയുന്നത് എന്താണ് എന്ന് മറ്റുള്ളവർക്ക് മനസ്സിലാക്കാൻ കൂടി പ്രയാസമാണ് കാരണം അത് മനസ്സിലാക്കണമെങ്കിൽ അവരുടെ അത്രയും ബുദ്ധി സൂക്ഷ്മതയെത്തിച്ചേ അവരുടെ ആ ബുദ്ധി എന്ന് പറയുന്നത് അധ്യയനം കൊണ്ട് അത്രയും ആ തീക്ഷ്ണതയുള്ള ബുദ്ധിക്ക് അത് ഗ്രഹിക്കാൻ പറ്റുമോ അവർ പറയും ഓരോരോ ശാസ്ത്രങ്ങളൊക്കെ എടുത്ത് വായിച്ചു മനസ്സിലാക്കാൻ വളരെ പ്രയാസമാണ് അത്രയും ബുദ്ധി സൂക്ഷ്മതയുടെ ഫലമാണ് അവരുടെ ഓരോ നിഗമനങ്ങൾ എന്താണ് ചിലരുടെ അസ്ഥി എന്ന് പറയുന്നത് ചിലര് നാസ്തി എന്ന് പറയുന്നു ചിലർ അസ്ഥി നാസ്തി എന്ന് പറയുന്നു ചിലര് നാസ്തി നാസ്തി എന്ന് പറയുന്നു ഈ ശബ്ദത്തിനപ്പുറം അതിൻ്റെ തത്വങ്ങൾ മനസ്സിലാക്കുക എന്ന് പറയുന്നത് വളരെ പ്രയാസമുള്ളതാണ് അത് അത്യധിക സൂക്ഷ്മമാണ് പണ്ഡിതന്മാരുടെ അറിവ് പണ്ഡിതാനുഗ്രഹ പണ്ഡിതന്മാരുടെ അറിവ് പക്ഷേ ഈ സർവ്വ അറിവുകളും പറയും നമ്മൾ നേരത്തെ പറഞ്ഞ എന്താണ് ജപവും ധ്യാനവും യോഗവും എന്തിനു ഭക്തിയും ഇതുപോലെയൊക്കെയാണ് ഇതുപോലെയാണ് എന്താണ് ഭഗവത പരമാത്മന് ആഭരണായക ഇതെല്ലാം ഈ പരമാത്മാവായിരിക്കുന്ന ഈ ഭഗവാന്റെ ആവരണങ്ങൾ മാത്രമാണ് വാസ്തവത്തിൽ ഇതെല്ലാം മറയ്ക്കുന്നത് മാത്രമാണ് ഈ ചെയ്യുന്ന എല്ലാ അഭ്യാസങ്ങളും വേകമുണ്ടെന്ന് കരുതുന്നവരുടെ അവരുടെ ഈ ബുദ്ധിയുടെ വെളിപ്പെടുത്തലുകൾ അസ്ഥി നാസി എന്നിങ്ങനെ അവർ വെളിപ്പെടുത്തിയിരിക്കുന്നത് ഒരെണ്ണമിനി കേമന്മാരാണ് പ്രസിദ്ധന്മാരായ ആചാര്യന്മാരാണ് പക്ഷേ ഈ അവരുടെ ഈ ജ്ഞാനം ഈ ജ്ഞാനം അവരെ സംബന്ധിച്ച് പരമാർത്ഥത്വം മറയ്ക്കുന്ന ആവരണങ്ങളാണ് ഇനി ഇത് പഠിക്കുന്നവനോ ഇത് ഗ്രഹിക്കുന്നവനോ അവനെ സംബന്ധിച്ച് അത് അങ്ങനെ ഉപകരിക്കത്തുള്ളൂ ആ പരമാർത്ഥത്വം മറയ്ക്കുന്ന ആവരണങ്ങളാണ് അങ്ങനെ ഇരിക്കെ കിമിത മൂഢജനാനാം ബുദ്ധിലക്ഷണം അങ്ങനെയാണെങ്കിൽ ൂഢന്മാരുടെ ബുദ്ധി മൂഢൻ എന്ന് പറയുന്നോട് ഉദ്ദേശിക്കുന്നത് സാധാരണക്കാരന്റെ ബുദ്ധി സാധാരണക്കാരന്റെ കൽപ്പനകൾ അത് ആത്മാവിനെ സംബന്ധിച്ചോ മോക്ഷത്തെ സംബന്ധിച്ചോ സാധനകളെ സംബന്ധിച്ചോ ഉള്ള കല്പനകൾ ഇതിനെ എന്ത് പറയാനെന്നോ പണ്ഡിതന്മാരുടെ സ്ഥിതിയിലാണെങ്കിൽ സാധാരണക്കാരന്റെ കാര്യം എന്താ പറയാ ഇങ്ങനെയാണെങ്കിലും ഏത് മൂർഖനും കരുതും സ്വയം എന്താണ് ഞാനിയാണ് അതാർക്കും കരുതാം എനിക്ക് മോക്ഷം കിട്ടി പറയുന്നു അതൊന്നും പരമാർത്ഥമല്ല കിമുദ എന്ത് പറയാനാണെന്നോ നിത്യവും അർത്ഥം പ്രദർശയൻ ആഹ ഇത് മനസ്സിലാക്കി തരാൻ വേണ്ടി പറയുകയാണ് ആ തത്വത്തിന്റെ മഹത്വത്തെ മനസ്സിലാക്കി തരാൻ വേണ്ടി പറയാണ് അല്ലെങ്കിൽ ഇവിടെ വെളിപ്പെടുത്തുന്ന അജാതി എന്താണ് അത് മനസ്സിലാക്കി തരാൻ വേണ്ടി പറയുകയാണ് അസ്ഥി ആത്മീയ പ്രതിബദ്ധ്യത പറയുന്നു ചിലര് അസ്ഥി ആത്മീയതിവാദി കസ്റ്റിദ്വാദി ചിലര് പറയുന്നു ഇവിടെ പറയുന്നത് എന്താണ് വെറും മൂഢന്മാരെ കുറിച്ചല്ല എന്താണ് ആത്മാവ് എന്താണ് അനാത്മാവ് എന്നൊക്കെ ചിന്തിക്കുന്നവരെ കുറിച്ച് പറയാണ് വിവരമുണ്ടെന്ന് നമ്മൾ ധരിക്കുന്നവരെ കുറിച്ച് പറയുകയാണ് അവരെ നിശ്ചയിക്കുന്നു അവർക്ക് ഉറപ്പായി എന്താണ് ആത്മാവ് ഉണ്ട് അകാര്യത്തിലൊരു സംശയമില്ല പ്രതിബദ്ധ്യത എന്ന് പറഞ്ഞാൽ അവർ ഉറപ്പിച്ചു കഴിഞ്ഞു അവർ ഉറപ്പിക്കാന്ന് പറഞ്ഞാൽ എന്താണ് അവരുടെ ബുദ്ധിക്കനുസരിച്ച് ഉറപ്പിച്ചു അവരുടെ പാണ്ഡിത്യത്തിനനുസരിച്ച് അവര് ഉറപ്പിച്ചു ഒരു കൂട്ടരങ്ങനെയാണ് നമ്മൾ പഴയ ദർശനങ്ങളും നോക്കിയ ന്യായ വൈശേഷികത്തിലും മറ്റും അങ്ങനെയാണ് അവരെല്ലാം ആത്മാവുണ്ടെന്ന് തറപ്പിച്ച് പറയും അവരജാതിയിലെത്തിയിട്ടില്ല അപ്പൊ നമ്മൾ സാധാരണ ധരിക്കാറുണ്ട് എന്താണ് ആത്മാവുണ്ടെന്ന് അംഗീകരിക്കുക ഈശ്വരൻ ഉണ്ടെന്ന് അംഗീകരിക്കുക ഇതൊക്കെ വലിയ കാര്യമാണ് നിങ്ങൾക്ക് മഹത്തായ കാര്യമാണ് അവരെക്കുറിച്ച് നമ്മൾ പറയും നാസ്തികന്മാരാണ് അവർ ശ്രേഷ്ഠന്മാരാണ് നമ്മുടെ അജാതിയെ സംബന്ധിച്ച് അതിനൊന്നും ഒരു കാര്യമില്ല നിങ്ങൾ ആത്മാവ് ഉണ്ടെന്ന് പറഞ്ഞാൽ ശരി ആത്മാവില്ലെന്ന് പറഞ്ഞാൽ രണ്ട് സംബന്ധിച്ചു അതുകൊണ്ട് നിങ്ങൾക്ക് വലിയ മഹത്വമൊന്നും കൽപ്പിക്കാൻ പറ്റുന്നില്ല നിങ്ങൾ ആസ്തികനാണെന്ന് പറഞ്ഞാൽ ശരി നാസ്തികനാണെന്ന് പറഞ്ഞാൽ നമ്മുടെ അതുകൊണ്ട് നിങ്ങൾ വിശേഷിച്ചെന്നുണ്ട് അതൊക്കെ ഭൗതികമായ കാര്യങ്ങളിലാണ് വ്യവഹാരികമായ കാര്യങ്ങൾ അല്ലെങ്കിൽ സാമൂഹികമായ കാര്യങ്ങളിലാണ് നിങ്ങൾ പറയുന്നത് അവൻ നാസ്തികനാണ് കൊള്ളാം ശ്രേഷ്ഠനാണ് ഇത് അജാതിൽ അതൊന്നും ഒരു വിഷയമേ അന്ന ഉണ്ട് എന്ന് പറഞ്ഞാൽ അവൻ വിശേഷ വിശേഷിച്ച് കാര്യം ഇനി നേരെ മറിച്ച് നാസ്തി അപരോ വൈനാശികാസ്തികന്മാരാണ് െന്ന് പറ ഇവിടെ പ്രാചീനന്മാരെ എടുക്കുകയാണെങ്കിൽ ക്ഷണിക വിജ്ഞാനവും മറ്റും പറയുന്നവർ അവർ പറയുന്നെന്താണ് ക്ഷണികമായ വിജ്ഞാനം മാത്രമേ ഉള്ളൂ അതിനപ്പുറം മറ്റൊന്നുമില്ല എന്ന് പറയുന്നു ഇവിടെ പറയുന്ന അജാതി അവരംഗീകരിക്കുന്നു മറ്റൊരു കൂട്ടർ അവരും സൂക്ഷ്മമായി ചിന്തിക്കുന്ന ആചാര്യന്മാരാണ് അസ്ഥിനാശിത്യ അവരോ അർദ്ധവൈനാശിക പ്രാചീനന്മാരുടെ അനുസരിച്ചും നവീനന്മാരെ അനുസരിച്ചും വ്യാഖ്യാനിക്കാം ഇതന്നെ നമ്മുടെ ചുറ്റുപാടും കാണുന്നവരെ അനുസരിച്ചും പറയാം പിന്നെ ഭക്ഷ്യകാരം വ്യാഖ്യാനിച്ചിരിക്കുന്നത് പഴയ ആൾക്കാർ കണക്കിലെടുത്തുകൊണ്ടാണ് അന്നത്തെ കാലഘട്ടത്തിലുണ്ടായിരുന്നവരെ കണക്കിലെടുത്തുകൊണ്ടാണ് ഇന്ന് ചിന്തിക്കുന്നവരെ കുറിച്ചല്ല അന്ന് അസ്ഥി നാസ്തി എന്ന് പറയുന്നവരുണ്ടായിരുന്നു ഇവിടെ പറയുന്ന സദ്അസത്വാദി ദിഗൻ ദിഗംബരന്മാരും മറ്റും ജയനന്മാരുടെ ചില വിഭാഗങ്ങൾ അവരെന്താണ് അസ്ഥി നാസ്തി എന്ന് പറയുന്നത് ആത്മാവിന്റെ അസ്തിത്വത്തെയും അംഗീകരിക്കുന്നു ആദ്യം പറഞ്ഞ് കൂട്ടർ അസ്തിത്വത്തെ അംഗീകരിക്കുന്നു അതുകൊണ്ട് അവർക്ക് വിശേഷിച്ചൊന്നും ഉണ്ടായില്ല രണ്ടാമത്തെ കൂട്ടർ അങ്ങനെ വേറിട്ട് ഒന്നുമില്ല എന്ന് പറയുന്നു വിജ്ഞാനമല്ലാതെ മൂന്നാമത് കൂട്ടർ പറയുന്നു അവരെന്താണ് പറയുന്നത് ആത്മാവ് അസ്ഥി നാസ്തി രണ്ടും പറയുന്നു അവന് പറയുന്ന എന്താണ് ഇപ്പോൾ നമ്മുടെ ശരീരം അതിന്റെ ആത്മാവുണ്ടോ ഇല്ല അവിടെ ആത്മാവ് നാസ്തി ജീവിച്ചിരിക്കുന്ന അവനല്ല ആത്മാവുണ്ട് മരിച്ചവന്റെ ആത്മാവില്ല പ്രത്യക്ഷമായ അനുഭവം വെച്ചുകൊണ്ട് ചിന്തിച്ചവര് പറയും സദസത്പാദി എന്ന് പറയുന്നത് ഇനി മൂന്നാമത് ഒരു ഹോട്ടൽ പറയുന്നു അത്യന്തശൂന്യ അത്യന്തശൂന്യത്തെക്കുറിച്ച് പറയും സങ്കല്പിക്കാൻ കൂടി കഴിയാത്ത ശൂന്യം അത്യന്താണ് പറഞ്ഞവരങ്ങനെയല്ല ക്ഷണിക വിജ്ഞാനം അതുകൊണ്ട് വേറെയില്ല എന്ന് പറയുന്നു ശൂന്യവാദി എന്ന് പറയുന്നത് എന്താണ് അത്യന്ത ശൂന്യം ിന്തശൂന്യെന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത് എന്താണോ ഏതൊരനുഭവത്തിലും അസ്തിത്വത്തെ അറിയുന്ന ഏതൊരു അനുഭവത്തിലും രണ്ടു കാര്യങ്ങൾ പ്രധാനമാണ് ഒന്ന് ഏതൊരു വിഷയത്തെയാണോ നമ്മൾ അറിയുന്നത് ആ വിഷയത്തിനൊരാധാരം വേണം അതിനാണ് നമ്മൾ അസ്തിത്വമെന്ന് പറയുന്നു ഈ പുസ്തകത്തെ ഞാൻ അറിയുന്നു ഈ പുസ്തകത്തിന് പല ആധാരങ്ങളെ കുറിച്ച് പറയാം എന്നാലും നമുക്ക് വ്യക്തമായി കാണുന്ന എന്താണോ ഈ മേശപ്പുറത്ത് പ്രശ്നം ഇരിക്കുന്നു അല്ലാതെ അല്ലെങ്കിൽ ഇതുപോലെ മറ്റൊരാധാരമില്ലാതെ എനിക്ക് പുസ്തകത്തിന്റെ അറിവ് ഒരാധാരം കൂടിയേ അറിവുണ്ടാകും ഇതാണ് അസ്തിത്വവാദം ഒരു വസ്തുവിന്റെ അനുഭവം ഉണ്ടാകുമ്പോൾ അതിന് ആധാരത്തെ അംഗീകരിക്കുക ആധാരത്തോടു കൂടിയേ അറിവുണ്ടാകുന്നു എന്ന് വരു എന്ന് പറയുമ്പോൾ അത് അസ്തിത്വവാദമാണ് അത് അങ്ങനെ സൂക്ഷ്മമായി സൂക്ഷ്മമായി നമുക്ക് പറയാം ഇതിന്റെ ആധാരം പരമാണുക്കളാണെന്ന് പറയാം ഏതായാലും അതിസൂക്ഷ്മമായ ഏതെങ്കിലും ഒരു ദേശത്ത് നമുക്ക് സങ്കല്പിക്കാവുന്ന ചിന്തിക്കാവുന്ന ദേശത്ത് ചെന്നയിക്കും അത് അസ്തിത്വവാദത്തിന്റെ പ്രത്യേകതയാണ് അതോടൊപ്പം അതിനാധാരമായി സർവ്വത്ര കാലവും നയിക്കും ചുരുക്കത്തിൽ കാലദേശങ്ങളാകുന്ന ആധാരങ്ങളിൽ ഒരു വസ്തുവിനെ അറിയുകയും അംഗീകരിക്കുകയും ചെയ്തെന്നാണ് അസ്തിത്വവാദം ിത്വദത്തിന് ആധാരമായിരിക്കുന്ന എന്താണോ പരവുമായി കാലദേശങ്ങളെന്ന് പറയുന്ന രണ്ട് ആധാരങ്ങളാണ് പരമാണു അനപ്പറമ്പരെ പോകണം അതിനെ നിഷേധിച്ചു കഴിഞ്ഞാലോ അതാണ് ശൂന്യവാദം എന്ന് പറയുന്നത് നിരാലംബമാണോ വസ്തുക്കൾക്ക് കാലദേശങ്ങളെന്ന് പറയുന്ന ആധാരങ്ങൾ തായി അല്ല നമ്മൾ പറയും അല്ല ചിന്തിച്ച് ചിന്തിച്ച് ചെലമ്പോ കാലദേശങ്ങളുണ്ടല്ലോ എന്ന് പറയും കാലദേശങ്ങളും ശുവിഞ്ഞതയിലാണ് കാലദേശങ്ങൾക്കും ആധാരമില്ല എന്ന് പറയും ഇവിടെ അനുഭവപ്പെടുന്നതോ അതിനവരും പറയുന്നു ഭ്രാന്തിയാണ് നിരാധാരമായി വത്തു അനുഭവത്തെ സ്വീകരിക്കുന്നതാണ് ശുഞ്ഞവാർ ഒന്ന് രണ്ടു കാര്യങ്ങളുണ്ടോ രണ്ടാമതെന്താണോ നിസ്സാക്ഷികമായ അനുഭവത്തെ സ്വീകരിക്കുക രണ്ടാമത് ഏതെല്ലാം അനുഭവത്തിനും നമുക്ക് സാക്ഷിയുണ്ട് സാക്ഷിയില്ലാതെ അനുഭവമുണ്ട് ആരാ സാക്ഷി ഞാൻ തന്നെ എന്റെ അനുഭവത്തിനൊരിക്കലും വേറൊരാള് സാക്ഷിയാകത്തില്ല ഞാൻ പുസ്തകത്തെ കാണുന്നു ഇതെന്റെ അനുഭവമാണ് ഞാൻ പറയുന്നത് എനിക്ക് പുസ്തകത്തെക്കുറിച്ചുള്ള അനുഭവമുണ്ട് എന്റെ അനുഭവത്തിന് ഇവിടെ ഇരിക്കുന്ന മറ്റാർക്ക് സാക്ഷിയാകാൻ പറ്റത്തില്ല എനിക്കേ സാക്ഷിയാകാൻ പറ്റും എന്ത് ചെയ്യുന്നു അസ്തിത്വവാദത്തിൽ ഏതൊരു വസ്തുവിന്റെ അനുഭവം ഉണ്ടായാലും അവിടെ അനുഭവിക്കുന്നവനംഗീകരിക്കുന്നു അനുഭവത്തിന് അനുഭവിക്കുന്നവന് സാക്ഷി എന്ന് പറയുന്നു സാക്ഷി എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നതാണ് ആർക്കാണോ അത് അനുഭവമായിരിക്കുന്നത് അവൻ സാക്ഷി അത് ആരും ചോദിച്ചാൽ ഞാനെന്നേ എനിക്ക് പറയാൻ പറ്റും ആത്മാവാണോ ശരീരമാണോ അതൊക്കെ രണ്ടാമെന്ന് വരുന്ന വിഷയം എന്തായാലും ഞാനാണോ ഇതിന് സാക്ഷി അധിഷ്ഠാനമായും സസാക്ഷികമായും ഉള്ള അനുഭവത്തെ അംഗീകരിക്കുന്നതാണ് അസ്തിത്വവാദം രണ്ടു കാര്യം ഒന്ന് നമ്മുടെ അറിവിന്റെ ബാഹ്യതലത്തിൽ ആധാരത്തെ അംഗീകരിക്കുന്നു മറ്റത് അറിവിന് ആന്തരികമായി അറിവിനോട് സാക്ഷിയെ സ്വീകരിക്കുന്നു അപ്പൊ അസ്തിത്വവാദമായി എല്ലാ അസ്ഥിത്വവാദികളും ഇത് രണ്ടും അംഗീകരിക്കുന്നവരാണ് അവരി ആത്മാവുണ്ടെന്ന് പറഞ്ഞാലും ആത്മാവില്ലെന്ന് പറഞ്ഞാൽ ആത്മാവുണ്ട് ഇല്ല എന്നൊന്നും കൂടി അംഗീകരിക്കണമെന്നില്ല അസ്തിത്വവാദം ഇത് രണ്ടും അംഗീകരിക്കുന്നു അറിയുന്നതിനൊരു സാക്ഷി അറിയുന്നതിനൊരാധാരം ശൂന്യവാദം എന്ന് പറയുന്നത് എന്താണോ ഇതൊരു അധിഷ്ഠാനമായും ആണ് സർവവും എന്ന് പറയുന്നതാണ് ശൂന്യവാദം അവര് അധിഷ്ഠാനമേ സ്വീകരിക്കുന്നുണ്ട് ഈ കാണുന്നതോ അതവര് അവിടെയും പറയാം അതൊരു ഭ്രമമാണ് സാക്ഷിയോ സാക്ഷി അതുപോലെ അങ്ങനെയൊരു സാക്ഷി സ്ഥായിയായൊരു സാക്ഷി അങ്ങനെ വന്നുകഴിഞ്ഞാൽ ശൂന്യം അതെന്താണ് എന്താണെന്ന് ചോദിച്ചാൽ അവർ പറയാം കല്പനാതീതം എന്ന് പറയും കല്പനയ്ക്കപ്പുറമാണ് ശൂന്യം കല്പിക്കാനും കിട്ടുന്നത് അതാണ് പരമാർത്ഥത്തില ശൂന്യവാദം അങ്ങനെ ശൂന്യവാദത്തെ കുറിച്ച് പറയുന്നതാണ് മാധ്യമികന്മാര് ആശൂന്യവാദത്തെ കുറിച്ച് അവർ വർണ്ണിച്ച് വർണ്ണിച്ച് വന്നപ്പോൾ അത് അദ്വൈതത്തിൽ പറയുന്ന ബ്രഹ്മം പോലെയാവും സത്തല്ല അസത്തല്ല സദാസത്തല്ല സദാസത് ഉഭയവല്ല സദാസത് ഉഭയ വിലക്ഷണമല്ല ഇങ്ങനെ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു പോയി അത് ബ്രഹ്മം പോലെയാകും കാരണം അങ്ങനെ അതവിടെ എത്തിച്ചേരത്തുള്ളൂ ശൂന്യം ശരിക്കും ബ്രഹ്മന്തൻ കല്പന സർവ്വകല്പനാതീതമെന്ന് പറയുമ്പോൾ അതായി പക്ഷെ ശൂന്യവാദി അത് അങ്ങനെയാണ് പറയുന്നത് അവർ പറയുന്നെന്താണോ അതിന് സാക്ഷിയുമില്ല നിസ്സാക്ഷിക്കും ചിന്തിച്ചു ചിന്തിച്ച് അതുവരെ എത്തിച്ചേരാം ബുദ്ധിയുണ്ട് എത്തുന്ന തലങ്ങളെക്കുറിച്ചാണ് പറയുന്നത് ഇതിനപ്പുറം എന്താ ഒരാൾക്ക് ചിന്തിക്കാൻ പറ്റുന്നത് താൻ കാണുന്ന സർവ്വത്തിന്റെയും ആധാരത്ത് എന്ത് നിഷേധിക്കുക എന്നിട്ട് അവസാനം കാണുന്ന തന്നെ തന്നെ നിഷേധിക്കും പരമാവധി അതുവരെ കല്പിക്കാൻ പറ്റും എല്ലാം ബുദ്ധിയുടെ കളിയാണെന്ന് പറയുന്നത് അത്യന്ത ശൂന്യവാദി ശൂന്യവാദി അങ്ങനെ പറയും ഇതാണ് ബുദ്ധിയുണ്ട് ചിന്തിച്ചാൽ പഠിച്ചാൽ എത്തിച്ചേരാന്നുള്ളത് ഇത്രയൊക്കെയാണ് അസ്ഥി എന്ന് മറ്റൊന്ന് അസ്ഥി മറ്റൊന്ന് അസ്ഥി മറ്റൊന്ന് അസ്ഥി നസ്തി മറ്റൊന്ന് നാല് തലങ്ങളെ കുറിച്ച് പറഞ്ഞു ചിന്തയുടെ നാല് തലങ്ങൾ പ്രാചീനന്മാരായ ആചാര്യന്മാര് ഇങ്ങനെയൊക്കെ ചിന്തിച്ചിട്ടുണ്ട് ഇന്ന് നമ്മൾ ചിന്തിച്ചാൽ ഇവിടെയൊക്കെ എത്തും ഇതിനപ്പുറം എത്തത്തില്ല തത്ര ഇനി ആ ഓരോ ഭാഗങ്ങളും ഇവിടെ വിശദീകരിക്കും എന്തുകൊണ്ടിങ്ങനെ ഈ തരത്തിൽ പറയുന്നു നമ്മളുടെ കാര്യം ാഷയത്തിൽ ഈ പറയുന്നതിന്റെ താല്പര്യം ഇതാണ് ഇതെല്ലാം ബുദ്ധിയുടെ കളിയാണ് ചിന്തയുടെ ഫലമാണ് അത് സ്വയം അധ്യയനം ചെയ്യുന്നതും അല്ലെങ്കിൽ മറ്റുള്ളവർ പഠിപ്പിക്കുന്നതുമാകാം അതിൻ്റെ കൂടെ പറയുന്നത് അതെന്നെ കൂടെ ആചാര്യൻ വെളിപ്പെടുത്തുന്നത് ുദ്ധികൊണ്ട് ഗ്രഹിക്കുന്ന ഒന്നല്ല തിരിയ അധികമം തിരിയപ്രാപ്തി എന്ന് പറയുന്നത് എന്നുള്ള കാര്യം വെളിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ബുദ്ധി കൊണ്ട് ഏതുവരെ ഏതുവരെ എത്താം എന്നുള്ള കാര്യം പറയുന്നത് എന്തുകൊണ്ടതല്ലെന്ന് പറയുന്നു പറയുന്നു ആ വിജ്ഞന്റെ തലം അത് ആജ്ഞന്റെ തലത്തിൽ നിന്ന് ഗ്രഹിക്കാം എന്നുള്ള ഒന്നല്ല അവിടെ പറയുന്ന എന്താണ് സ്വയം പ്രകാശിക്കുന്ന ഒരു തത്വത്തെ പറയുന്നത് മറമാറി സ്വയം പ്രകാശിക്കുന്നത് ബാക്കിയുള്ള പരിശ്രമങ്ങളെല്ലാം നിഷ്കലമാണോ അല്ല ബാക്കിയുള്ള പരിശ്രമങ്ങളെല്ലാം സാധനസമ്പത്തിക്ക് ഉപകരിക്കുമെങ്കിൽ അതെല്ലാം പ്രയോജനമുള്ളതാണ് അപ്പോ അജ്ഞന്റെ തലത്തിൽ അവിടെ പ്രാധാന്യം സാധനസമ്പത്തിക്കാണ് എത്രമാത്രം സാധനസമ്പന്നനാകുന്നു അത്രമാത്രം അയാൾക്ക് മുന്നോട്ട് പോകാൻ കഴിയും അത്രമാത്രം അയാൾക്ക് ഈ തത്വം അയാളും ഈ തത്വ സ്വയം പ്രകാശിക്കും അതാണ് ഇവിടെ പറഞ്ഞു വരുന്നതിന്റെ തത്വം അല്ലാതെ നേരിട്ട് ഈ തത്വത്തെ ഗ്രഹിക്കാൻ ശ്രമിച്ചാൽ സാധന സമ്പത്തി ഇല്ലാതെ ശ്രമിച്ചാൽ ആ ശ്രമങ്ങളെല്ലാം സാധനസമ്പത്തിക്ക് ഉപകരിക്കുമെങ്കിൽ നല്ലത് മറിച്ചാണെങ്കിലോ അത് തന്നെ അഹന്തിയും മമതിയും എല്ലാം ഉണ്ടാകും ആ ശ്രമങ്ങൾ കൊണ്ടൊന്നും പ്രയോജനമില്ല അപ്പോൾ എല്ലാ ശ്രവണവും മനനവും നിരീധ്യാസനവും എല്ലാം പറയുന്ന സാധനങ്ങൾ പോലും ആത്യന്തികമായി സഹായിക്കുന്നതാണ് ഈ സാധനസമ്പത്തിക്ക് വേണ്ടിയിട്ടാണ് ബാക്കി വരുന്ന ജപവും ത്യാഗവും യോഗവും എല്ലാം ഉപകരിക്കുന്നത് സാധനസമ്പത്തിക്ക് വേണ്ടിയിട്ടാണ് ഇതിനൊന്നിനും തന്നെ ഈ തത്വത്തെ വെളിപ്പെടുത്താൻ സാധ്യമല്ല അത് ഇതിന്റെ പൂർണ്ണതയിൽ സ്വയം പ്രകാശിക്കുന്നതാണ് അത് പറയാൻ വേണ്ടിട്ടാണ് ആ ബുദ്ധിയുടെ പരിമിതിയെ എടുത്തു കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇതിവിടെ പറഞ്ഞത് ിര ഉഭയാണോത്യവശ്ശ്യ Vielen um. Dank.